അപ്പോ ഇവിടെ എല്ലാം ഭയങ്കരമായ ഭക്ഷണങ്ങൾ കഴിയുമ്പോൾ ദുഃഖം അതിനൊരു അർത്ഥം ചെലപ്പോ കേട്ടിട്ടുണ്ടാവില്ല ശോകം കമ്മാണ് ശോക ദുഃഖം തന്നെയാണ് ശോകം പക്ഷെ സുഖമില്ലായ്മ ഒരു പ്ലസന്റ്സ് ഇല്ലായ്മ മൂഡ് ഓഫ് ആമയം വ്യാധി വ്യാധി രോഗം ഇതൊക്കെ എവിടെ നിന്ന് വരണു ഭക്ഷണത്തിന് വന്നു ദുഃഖശോകാമയപ്രദാഹ അടുത്ത ശ്ലോകം ഇപ്പോൾ ചിലർ പറഞ്ഞു ഇതും ഞങ്ങളുടെ കാറ്റഗറിയിൽ കംപ്ലീറ്റ് ആയില്ല എന്നാണ് അപ്പം അടുത്തത് നോക്കുക ഏകദേശം എല്ലാം കവറാകും ഉച്ചിഷ്ടമിചാമേധ്യം എന്താ ശാപ്പാട് എന്നുവച്ച വളിച്ച സാമ്പാറും പുളിച്ച ഉപ്പേക്കുന്നത് എപ്പോ പാചകം ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച പാചകം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇനി ഒരാഴ്ചക്ക് സപ്താഹം പ്രചരത്തി എല്ലാം ചെയ്തു വെച്ചു സൺഡേ മുഴുവൻ പാചകമാണ് സാമ്പാർ ഉണ്ടാക്കി വെക്കും രസം ഉണ്ടാക്കി വെക്കും തിങ്കളാഴ്ച സാമ്പാർ ചൊവ്വാഴ്ച മോരുകൂട്ടാൻ ബൂതൻകിഴമ മുളകൂട്ടൽ വ്യാഴക്കിഴമ അവിയൽ എല്ലാം എല്ലാം എല്ലാമേ സണ്ടേഹ് പണി വെച്ചു ഫ്രിജ് അപ്പൊ എടുത്ത് ചൂട് പണിണ്ടാപ്പം വെന്റിലേറ്റർ പോട്ട ഫുഡ് ഗതരസം ോ രസം എ മറന്ന് പോയ പ്ലാസ്റ്റിക് എടുത്ത പണി വെച്ച് നരെയും പോയി രസംനാ അതിലെടുത്ത് അതിലെ ശക്തി എസൻസ് പോയി കേടുവന്തു പോയി പൂത്തി വലിച്ചു പോയി നിർത്തും പരിരൂഷിതം വളരെ നേരമായി ഉച്ചിഷ്ടം ആരെങ്കിലും ഒക്കെ ഭക്ഷിച്ച് പഴയ കാലത്തെ ആളുകള് ഇപ്പൊ പഴക്കം പഴയ കാലത്തിലെ പഴക്കം ചാദം വേണ ഒരു തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ടേബിൾ ആണുത്തിനാല് പേശിയുടെ സാപ്പിടുപ്പം എല്ലാം പവിത്രീകൃതം എല്ലാ പാത്രത്തിലും എല്ലാ രസത്തിലും എല്ലാരും പവിത്രം പണ നമ്മൾ കവനിക്കേ മുടാ പക്കത്തിൽ തുറന്ന് വെച്ച് പോട്ട് സാപ്പിട്ട് പോയ അടുത്താൾ വന്ന് സാപ്പിടത്തെ അവരോട് അനുഗ്രഹം എല്ലാം അതിലൊരു ഇതെല്ലാം അഡ്ജസ്റ്റ് പണിക്കലാം കൊണ്ടു അവപ്രേറ്റാ സെപ്രേറ്റാ എടുത്ത് വെച്ച് സാപ്പിട്ട് പോവുക അപ്പൊ ഇതോടെ സാരം എസൻസാ കൊഞ്ചം കൊഞ്ചം അഡ്ജസ്റ്റ് പണിക്കലാം ഇവ സാപ്പിടാലോ അവ മറ്റുമാച്ച അവ സാപ്പ അന്തരത്തെ അതോടൊപ്പം ആച്ച ഇപ്പൊ മാഡേൺ ഇതിലൂടെ പണ്ടോ ഇല്ലയോ ഒരു പ്ലേറ്റ് വെച്ചാൽ അതില കൊണ്ടോണ്ട് സാമ്പാർ കൊഞ്ചം മോര് എല്ലാം വേറെ വേറെ പ്ലേറ്റ് വെച്ചാൽ അവളോട് സാപ്പാടോട് മുടിഞ്ഞാ ഉച്ചിഷ്ടം ഉച്ചിഷ്ടംപിച്ച് അമേദ്യം അമേദ്യം ഭഗവാനക്ക് നൈവേദ്യം പോഗ്യതയില്ലാതെ ഭക്ഷണം അപകടം യാഗ യോഗ്യം യജന യോഗ്യം അലത്തെ വന്ന് അമേദ്യം ആ ഭക്ഷണത്തിലാധനക്ക് യോഗം ഇല്ലാത്തതോ അതെല്ലാം അമേദ്യം അമേദ്യമാക്ക ഉച്ചിഷ്ടമിച്ച് അമേദ്യം അമേധ്യമായ ഭോജനം ഈശ്വരനെ നേദിക്കാൻ കൊള്ളാത്തത് നമ്മളും കഴിക്കരുത് കാരണം പുറത്ത് നേദിക്കുന്നത് ഒരു ഉപചാരം മാത്രാണ് അകത്തേക്ക് കഴിക്കുന്നതാണ് വാസ്തവത്തിൽ നേദ്യം ഉള്ള ചാപ്പിടത്ത് ശരിയാണ് നൈവിദ്യം അഹം വൈശ്വാനറോ ഭൂ പ്രാണി നാം ദേഹമാശ്രിത പചാമ്യന്നം ചതുർവിധം ഓരോ ശരീരത്തിക്കുള്ളെയും അന്തര്യാമിയാ സർവേശ്വരൻ ഇരിക്കാൻ തെരഞ്ഞെണ്ട് യാക്കാവത് ഭക്ഷണം കൊടുക്കരുത്ത ഭഗവാനാക്കും സാപ്പിടാൻ തെരഞ്ഞെടു കൊടുക്കണം ഒരു പ്രാണിക്ക് കൊടുക്കുമ്പോ അന്തര്യാമിയായ സർവേശ്വരൻ അവിടെ ഇരുന്ന് ഭക്ഷിക്കണം വൈശ്വാനരൂപത്തില് ആ ഭൂതാത്മാവായിട്ട് ഇരുന്ന് ഭക്ഷിക്കണം അപ്പൊ ഭാഗവതത്തിൽ കപിലൻ ഭഗവാൻ പറഞ്ഞു അഥമാം സർവഭൂത ഭൂതാത്മാനം കൃതാലും അർഹേത് ദാനമാനാഭ്യം മൈത്രിയാ അഭിന്നേന ചക്ഷുഷ ഞാൻ ഓരോ ശരീരത്തിനും അന്തര്യാമിയായിട്ട് ഓരോ ശരീരവും അമ്പലമാക്കി ചെയ്ത് ഉള്ളിലിരിക്കുന്നുണ്ട് എന്നെ ആരാധിക്കുക അപ്പൊ ഭക്ഷണം കൊടുക്കുന്നത് ഒരു ആരാധനയാണ് നാമദേവൻ ഏകാന്തമായിട്ടിരുന്ന് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് സമാധിഷ്ഠിതനായിട്ടിരിക്കുകയാണ് അപ്പൊ ഭാര്യ രണ്ടു മൂന്ന് ദിവസമായിട്ട് അന്വേഷിച്ചു കൊണ്ടേ നടന്നു ഭർത്താവ് എവിടെയാണെന്നേ അറിയില്ല എവിടെയോ ഏകാന്തമായിട്ടിരുന്ന് ഭഗവൻ നാമം ജപിച്ചുകൊണ്ട് ധ്യാനനിഷ്ഠനായിട്ടിരിക്കുക മഹാരാഷ്ട്ര സന്ധുക്കളിലെ ആദ്യണ്ടായിരം ആളാണ് അദ്ദേഹം ജ്ഞാനേശ്വരനും മുമ്പ് അപ്പൊ ആ നാമദേവനെ കണ്ട് ഭാര്യ ചെന്ന് കണ്ടുപിടിച്ച് റൊട്ടി കൊണ്ടുപോയി ഭക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുത്തപ്പോ അവിടെ വെച്ചോളൂ ഞാൻ സങ്കല്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്ര അഭംഗം എഴുതിയിട്ടേ ഞാൻ വല്ലതും കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഇരിക്ക അപ്പൊ ഈ ഭക്ഷണം അവിടെ കൊണ്ടുവന്നു വെച്ചു റൊട്ടി അവിടെ കൊണ്ടുവന്നു വെച്ചു ഭഗവൻ രാമൻ ജപിച്ചോണ്ടേ ഇരിക്കുമ്പോ വന്നു ആ റൊട്ടിയും കടിച്ചോണ്ട് പോയി പുറകെ ഓടി പുറകെ ഓടിയിട്ട് ആ നായെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ആ നെയ്യും പരുപ്പും തേച്ച് ഹേ പാണ്ഡുരങ്ക ഹേ വിട്ട തനീ റൊട്ടി കഴിച്ചാൽ നായ അല്ലേ എന്ത് എന്താന്ന് തോന്നിയില്ല എന്നാണ് ഈ റൊട്ടി നേദ്യമാണ് അതുകൊണ്ട് ഭഗവാൻ പരിപൂർണ ആദരവോടെ കൊടുക്കണം കഥ പറയണത്തെ ആ പ്രകാശിച്ചു എങ്ങനെ പ്രകാശിക്കാണുമ്പോ തന്നെ പ്രകാശമാണല്ലോ ഇനിയിപ്പോ സ്പെഷ്യൽ ആയിട്ട് വരണം ഇത് ജന്തു സ്നേഹമല്ല ചിലർക്ക് അതൊരു ഒബ്സഷൻ ഉണ്ട് ഈ മൃഗങ്ങളോട് സ്നേഹം ഈ പർട്ടിക്കുലർ ആയിട്ട് കുറച്ചിനോ അങ്ങനെയില്ല എല്ലാ പ്രാണികളുടെ ഉള്ളിലും അന്തര്യാമിയായ ഭഗവാനുണ്ട് അല്ലാതെ പ്രാണികളെ രക്ഷിക്കണ ചുമതലയൊന്നുമല്ല നമ്മളുടെ അതൊക്കെ സർവേശ്വരൻ അങ്ങനെ കണ്ട് കൊടുക്കുമ്പം മേധ്യമാണത് ആ കൊടുക്കണത് മേദ്യമാണ് വിശപ്പ് എന്ന് പറയണത് യാവീ സർവഭൂത ക്ഷുധാരൂപേണ സംസ്ഥിത നമസ്ത നമസ്ത നമസ്തോ നമ ആ വശപ്പ് എന്ന് പറയണത് ജഗദീശ്വരിയുടെ ആവിർഭാവം അഭിവ്യക്തിയാണ് അന്നമെന്നു പറയണത് അവിടെ ആഹുതിയാണ് അന്നം വിശക്കണ സമയത്ത് വിശക്കണ ആൾക്ക് അന്നം കൊടുക്കണത് ഉണ്ടല്ലോ അത് നേരിട്ടുള്ള ആരാധനയാണ് വിശപ്പിന് അന്നം കൊടുത്താൽ മതി സമൃദ്ധിയായിട്ട് പായസവും പ്രഥമനും അടപ്രഥമനും പാൽപ്രഥമനും ഒന്നും വേണ്ട വിശപ്പിന് അന്നം ം അങ്ങനെ കൊടുക്കാൻ ഭഗവാന് കൊടുക്കാൻ കഴിയാത്ത ഭക്ഷണം വേറെ ആർക്കും കൊടുക്കരുത് സ്വയമും കഴിക്കരുത് എന്തൊക്കെയോ കേടുവന്നു പോയതും ഒന്നിനും കൊള്ളാത്തതുമായ ഭക്ഷണത്തിനെ ഉള്ളിലേക്ക് കയറ്റരുത് അമേധ്യം പല സാധനങ്ങൾ നമുക്ക് വന്ന് നമ്മൾ ഭക്ഷിക്കണം അത് മേധ്യമാണോ അല്ലയോ നമുക്കറിയില്ല നമുക്കൊക്കെ ഇപ്പോ ആരെങ്കിലും ഒരു സീൽ വെച്ചാൽ അത് പ്രമാണമായിത്തന്നു അതിനകത്ത് എന്തൊക്കെ സാധനം ഇടണോ എന്തൊക്കെയാണോ ചിലതൊക്കെ പറയുമ്പോ ശിവശിവ ഇതൊക്കെയാണോ മനുഷ്യർ ഉള്ളിലേക്ക് ആക്കണതെന്ന് തോന്നുന്നു നമ്മളൊന്നും പോയിട്ട് അവരുടെ ഫാക്ടറിയിലും നോക്കണില്ല ഇൻഡസ്ട്രീസിലും നോക്കണില്ല എന്തൊക്കെ സാധനം കലർത്തിയിട്ടാണ് കടയിൽ വിൽക്കാൻ കൊണ്ടുവരുന്നത് ആർക്കറിയാം നമ്മൾ ഈ നാക്കെന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട് അതിനെന്തൊക്കെ ഇഷ്ടമായോ അതൊക്കെ ഉള്ളിലേക്ക് കയറ്റം അതുകൊണ്ട് വിശപ്പ് എന്ന് പറയുന്ന ഒരു ആവിർഭാവത്തിന് ഒരു അഭിവ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ അർപ്പണം ചെയ്യ ക്ഷുദ് വ്യാധിശ്ചികിത്സ്യതാം പ്രതിദിനം ഭിക്ഷൗഷധം ഭുജ്യതാം സ്വാധന്നം നുയാച്യതാം വിധിവ പ്രാപ്തേന സന്തുഷ്യതാം എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു വിശപ്പ് എന്ന് പറയണ വ്യാധിക്ക് ചികിത്സ എന്നുള്ളൂ വശക്കുമ്പോ ഭക്ഷണം കൊടുക്ക മേധ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം അങ്ങനെയല്ലാതെ അമേധ്യമായ ഭക്ഷണം തിന്നാൽ താമസപ്രിയം നമ്മള് സാധാരണ മലയാളത്തിൽ മാത്രമുള്ള വാക്കാണ് താമസിക്കുക താമസിക്കുക ഈ വീട്ടിലാണ് താമസിക്കുന്നത് അത് എങ്ങനെ വന്നു എന്നറിയില്ല തമസ് താമസം എന്ന് പറഞ്ഞാൽ തമോ ഗുണമാണ് തമോ ഗുണത്തിന്റെ ലക്ഷണമാണ് ഗ്രാവിറ്റേഷണൽ പുൾ അനങ്ങാതിരിക്കുക അതാണ് തമോ ഗുണം അനങ്ങാതിരിക്കുക അപ്പൊ അത് വെച്ചുകൊണ്ടാണ് മലയാളത്തിൽ നമ്മൾ താമസിക്കുക എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ രണ്ടർത്ഥത്തിൽ പറയും നേരം വൈകി വരണതിനും കുറെ താമസമായി എന്ന് പറയും ഈ വീട്ടിൽ താമസിക്കണമെന്ന് പറയണതിനും താമസമായി എന്ന് പറയും അപ്പൊ എന്താ അർത്ഥം അനങ്ങാതിരുന്നു എന്നർത്ഥം അവിടെ സ്ഥിരമാക്കിയ താമസം അധ്യാത്മമായിട്ട് പുരോഗതിയില്ല ഒരു മൂവ്മെന്റ് ഇല്ല ഒരു ചലനമില്ല എന്തേ തമോ ഗുണം ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിക്കാണ് കഴിഞ്ഞുപോയ ഭക്ഷണം കാലം കഴിഞ്ഞ ഭക്ഷണം രസമില്ലാത്ത ഭക്ഷണം കേടുന്ന് പോയ ഭക്ഷണം ഒരുപാട് വൈകിയ ഭക്ഷണം ഉച്ചിഷ്ടമായിട്ടുള്ളത് അമേധ്യമായിട്ടുള്ളതൊക്കെ കഴിക്കണത് കൊണ്ട് തമോ ഗുണം അഭിവൃദ്ധിപ്പെട്ടിരിക്കാണ് എന്ന് പറഞ്ഞ് ഭക്ഷണം എന്നുള്ള ഒരു ടോപ്പിക് രണ്ടു ദിവസമായിട്ട് എന്തിനെ പറഞ്ഞു ഭക്ഷണം ആഹാരം സാത്വികം രാജസം താമസം ഈ ആഹാരശുദ്ധ സത്വശുദ്ധി വലിയ വേദാന്ത തത്വം ഉപദേശിച്ചിട്ട് സനത് കുമാരൻ ചാന്തോഗി ഉപനിഷത്തില് നാരദന് ബ്രഹ്മവിദ്യ മുഴുവൻ ഭൂമാവിദ്യ എന്ന് പറഞ്ഞ് ഉപദേശിച്ചു ഹേ നാരദരെ എത്ര നാന്യത് പശ്യതി നാനത് ശൃണോതി നാന്യത് വിജാനാതി സഭൂമാ എവിടെ അന്യമായിട്ടൊന്നും കാണുന്നില്ലയോ അന്യമായിട്ടൊന്നും കേൾക്കുന്നില്ലയോ അന്യമായിട്ടൊന്നും അറിയുന്നില്ലയോ എവിടെ എത്ര സർവമാത്മൈവ അഭൂത് എവിടെ എല്ലാ ആത്മസ്വരൂപമായിട്ട് തന്നെ അറിയപ്പെടുന്നുവോ ഹേ നാരദരെ അത് ഭൂമാവ് ആ ഭൂമാവൽ മനസ്സ് നിൽക്കണമെങ്കിൽ ഹേ നാരദരെ കഴിക്കുന്ന അന്നം ശുദ്ധമാവണം എന്ന് പറഞ്ഞ് ചോട്ടിൽ കൊണ്ടുവന്ന് നിർത്തി ഈ അന്നത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു ആഹാരശുദ്ധവും സത്വശുദ്ധി സത്വശുദ്ധ ധ്രുവാസ്മൃതി സത്വഗുണം ശുദ്ധമായാൽ വേദാന്തവാക്യം ശ്രവണം ചെയ്യുന്ന ആൾക്ക് ആ അനുഭവം ധ്രുവമായിട്ട് എളകാതെ നിൽക്കുന്നു സ്മൃതേർലംഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ ഈ ആത്മാവിനെ ഓർത്തുവരുമ്പോ സ്വരൂപജ്ഞാനം പ്രബലമായിട്ട് പ്രകൃഷ്ടമായിട്ട് തീരുമ്പോ ഞാൻ ആരാണെന്നുള്ള അനുഭവം ശരീരം മനസ്സ് എന്നുള്ള മറകളൊക്കെ നീക്കി ശുദ്ധ ചൈതന്യം ഇതിനെയൊക്കെ അഭിഭവം ചെയ്ത് ഉള്ളില് പ്രകാശിക്കുമ്പോ അതിന്റെ പ്രകൃഷ്ടമായ അനുഭവം ഉണ്ടാകുമ്പോ ഗ്രന്ഥീനാ മോക്ഷ അനേകവിധത്തിലുള്ള സംശയങ്ങളും അജ്ഞാനത്തിന്റെ കുരുക്കുകളൊക്കെ അഴിഞ്ഞുപോകും തസ്മൈ മൃദിതകഷായ തമസ്പാരം ദർശയതി ഭഗവാൻ സനത് കുമാര അവന്റെ കഷായ ദോഷക്കെ തീർന്നു മൃദിത കഷായ കഷായം എന്ന് വെച്ചാൽ ഇപ്പൊ ആയുർവേദത്തിൽ കഷായം കുറെ എല്ലാം കൂടി മിക്സ് ചെയ്ത കഷായം എന്ന് പറയും മനസ്സിനൊരു കഷായസ്ഥിതി ഉണ്ട് കഷായം എന്ന് വെച്ചാൽ നമ്മൾ പറയണില്ലേ മൂഡ് ഓഫ് എന്ന് പറയണില്ലേ ഒരു ഉത്സാഹവും ഇല്ല ഒരു ചിത്തവൃത്തിയും പറയണില്ല എന്നാ ധ്യാനമാണോ ധ്യാനവും ജ്ഞാനമാണോ ജ്ഞാനവുമല്ല എന്നാ മനസ്സിൽ എന്ത് തോന്നും ഒന്നും തോന്നണില്ലേ അങ്ങനത്തെ ആളുകളുണ്ട് ചിലർ എങ്ങനെയുണ്ടോ ഒന്നും തോന്നില്ലേ ചിലർ അവരെയൊക്കെ യോഗികളാണെന്ന് ധരിച്ചളയും എന്താന്ന് വെച്ചാൽ മനസ്സിൽ വല്ലതും വരണം ഒന്നും പറയൂ എന്നാ വല്ലതും ചെയ്യാൻ ഉത്സാഹം ഒരു ഉത്സാഹവും തോന്നില്ല ധ്യാനം ഉണ്ടോ ഉറക്കാണോ ഉറക്കമല്ല അപ്പൊ യോഗസ്ഥിതിയാണോ അതുമല്ല എന്താണെന്ന് വെച്ചാൽ അതിന്റെ ലക്ഷണമൊന്നും കാണാനില്ല ഇതിനെയാണ് കഷായം എന്ന് യോഗികൾ പറയുന്നത് കഷായേ കർമ്മഭിഭക്തേ തത്തോ ജ്ഞാനം പ്രവർത്തതേ ഈ കർമ്മവാസനകളെ പുറത്തേക്ക് വരാതെ ജടിലം പിടിച്ച് അങ്ങനെ ചിക്കു പിടിച്ച് കിടക്കുക എന്ന് പറയില്ലേ അതുപോലെ ം മൃദിത കഷായ കഷായം എന്ന് പറയുന്നത് ആവരണമാണ് ഉള്ളിലുള്ള അജ്ഞാനത്തിന്റെ ഫിലിംസ് ആണ് ആ ഫിലിംസൊക്കെ ക്ലൻസ്ഡ് ആവാണ് എപ്പോ ഈ ശുദ്ധസത്വം ഉണ്ടായി ജ്ഞാനം തെളിവായി ആത്മാവിനെ സ്മരിച്ച് സ്മരിച്ച് ശ്രവണം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആത്മസ്മൃതിയെ വീണ്ടും വീണ്ടും വീണ്ടും മനോമണ്ഡലത്തിൽ കൊണ്ടുവന്ന് അനുസന്ധാനം ചെയ്ത് അനുസന്ധാനം ചെയ്ത് ഈ ഉള്ളിലുള്ള ഈ മാറാലൊക്കെ ക്ലീനായി ഈ കഷായമൊക്കെ കഴുകി കളഞ്ഞു തമസ പാറം ദർശയത്തി ഇരുട്ടിന്റെ അപ്പുറം ആ ജ്യോതിർമയമായ ധാമത്തിനെ ഭഗവാൻ സനത്കുമാറ ആ ഭഗവാനായ സമത്കുമാരൻ കാണിച്ചു കൊടുത്തു അങ്ങനെ കാണിച്ചു കൊടുത്തു ഒരു ഒരു പ്ലവം ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട് പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയും അതായത് നമ്മളിപ്പോ സ്വപ്നത്തിലിരിക്കുമ്പോ എവിടെയോ മലയിലിരിക്കണതായിട്ടും ഭക്ഷണം കിട്ടാതെ നടക്കണതായിട്ടും ഒക്കെ സ്വപ്നം കണ്ട് കരിഞ്ഞ ആരെങ്കിലും രക്ഷിക്കൂ എന്നൊക്കെ നിലവിളിക്കണം അറിയാതെ നിലവിളിച്ച് നിലവിളിച്ച് പുറത്തേക്ക് ശബ്ദം വന്ന അടുത്ത് കിടക്കണ ആളെ ഏയ് ഒന്ന് തട്ടി എണീപ്പിച്ചു എണിപ്പിച്ചോടനെ സുഖമായിട്ട് എ സി റൂമിൽ കിടക്കുകയാണ് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ എന്തായി ആ മലയെന്ന് പതുക്കെ ഇറങ്ങി വന്നു പാരഡൈം ഷിഫ്റ്റ് ആണ് അവിടുന്ന് അടുത്ത ക്ഷണം താൻ തനിക്ക് ഒരു കുഴപ്പമില്ല താൻ ഒരു വിഷമത്തിലും കുടുങ്ങിയിട്ടില്ല താൻ സുഖമായിട്ടിരിക്കുകയാണെന്നുള്ള പ്ലെയിനിലേക്ക് വരുന്നുണ്ടല്ലോ അല്ലെ ഇതാണ് പാരഡൈം ഷിഫ്റ്റ് ഇതിനാണ് സ്കന്ദനം എന്ന് പറയുന്നത് പ്ലവം അങ്ങനെ സ്കന്ധിപ്പിക്കണത് കൊണ്ട് ഗുരുവിന് സ്കന്ദൻ എന്നുപേര് സുബ്രഹ്മണ്യസ്വാമിക്ക് സ്കന്ധൻ ജ്ഞാനസ്കന്ദൻ എന്നുപേര് തം സ്കന്ധയി അവൻ സ്കന്ദനാണെന്ന് തം സ്കന്ധയിത്യാചക്ഷത്തെ അവൻ സംസാരത്തിൽ അനേക ജന്മങ്ങളായി വിഷമിച്ചു കിടക്കുന്ന ജീവനെ പലവിധ ദുഃഖങ്ങളു സവാസ്തവമാണെന്ന് കരുതിക്കൊണ്ട് സത്യമറിയാതെ ഭ്രമിച്ചിരിക്കുന്ന ജീവനെ പിടിച്ചെഴുന്നേപ്പിച്ച് അജമനിദ്രമസ്വപ്നമദ്വൈതം ബുദ്ധ്യത തഥാ ജനന മരണമില്ലാത്തതും സ്വപ്നസമ്പർക്കമില്ലാത്തതുമായ നിദ്രയായ നിദ്രയുടെ ദോഷമില്ലാത്തതുമായ രണ്ടില്ലാത്തതായ ബോധം ആ ബോധപ്രകാശത്തിനെ കൊടുക്കണത് കൊണ്ട് ആ ഗുരുവിന് സ്കന്ധനെന്നു പേര് എന്ന് ശ്രുതി പറഞ്ഞു തം സ്കന്ധ ഇത്യാചക്ഷതേ സ്കന്ധൻ അജ്ഞാനത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചു ആരെ സത്വഗുണം ശുദ്ധമായാണ് സത്വഗുണം എങ്ങനെ ശുദ്ധമായി ആഹാരശുദ്ധ ആഹാരശുദ്ധമായപ്പോ സത്വഗുണം ശുദ്ധമായി ആഹാരശുദ്ധിയെ ശ്രദ്ധാത്രയ വിഭാഗയോഗത്തില് ഭഗവാൻ മുഖ്യമായിട്ട് എടുത്തു പറഞ്ഞു ആഹാരം ശുദ്ധമായാൽ ശ്രദ്ധ ശുദ്ധമാവും ശ്രദ്ധ ശുദ്ധമാണെങ്കിൽ സാത്വിക ആഹാരത്തിൽ രുചിയുണ്ടാവും രണ്ടും പരസ്പര പൂരകങ്ങളാണ് ഇനി അടുത്തത് യജ്ഞമാണ് അഫലാകൃഷ്ടോ യുജത്തെ യവ്യമേ വേതി മനഃ സമാധായ സാത്വികളെ യജ്ഞം എന്ന് പറയും യജ് എന്ന ധാതുവിന് ത്യാഗം എന്നാണ് അർത്ഥം സാക്രിഫൈസ് യജ്ഞം എന്ന് പറയണത് ഭഗവാന്റെ തന്നെ പര്യായ ശാസ്ത്രം പറയണത് വേദം പറയണത് യജ്ഞോ വൈ ഭഗവാൻ ഭാഗവതത്തിൽ പേരു തന്നെ യജ്ഞ വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു പേര് തന്നെ യജ്ഞ യജ്ഞോ യപതിരജ്വാ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞ യജ്ഞകൃത് യജ്ഞി യജ്ഞുക് യജ്ഞസാധന യജ്ഞാത്തകൃത് യജ്ഞുഹ്യം എല്ലാം യജ്ഞ യജ്ഞപതിഹി യജ്വാ എല്ലാം ഭഗവാനാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി എന്നുള്ള പോലെ അപ്പൊ യജ്ഞം ഭഗവാന്റെ സ്വരൂപമാണ് കളക്റ്റീവായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ യാഗം എന്ന് പറയും യജ്ഞം ഒരാൾക്കും ചെയ്യാം അപ്പൊ ജപം ചെയ്യണത് ജപയജ്ഞമാണ് സപ്താഹത്തിനെയും നമ്മൾ യജ്ഞം എന്ന് പറയണു അല്ലേ യാഗത്തിനെയും യജ്ഞം എന്ന് പറയും അതായത് ത്യാഗമാണ് അതിന്റെ മുഖ്യ ലക്ഷ്യം ത്യാഗം മുഖ്യ ലക്ഷ്യമാണ് ആ എന്തൊക്കെ ലക്ഷണം ഉണ്ടാവും ഭഗവാൻ പറയണു സാത്വികമായ യജ്ഞമാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്ന ആള് ബിസിനസ്മാൻ ആയിരിക്കരുത് അതായത് അയാൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടണമെന്നുള്ള ചിന്ത ഉണ്ടാവാൻ പാടില്ല അഫലാകാംക്ഷിയായിട്ടിരിക്കണം ഈ യജ്ഞം കഴിഞ്ഞിട്ട് എനിക്ക് ഇത്ര ഫലം കിട്ടണം എന്ന് പറയുമ്പോ അയാൾക്ക് യജ്ഞമല്ല മുഖ്യം ഫലമാണ് ഭഗവത് പ്രീതി അല്ല മുഖ്യം ഫലമാണ് തൊണ്ണൂറ്റിയൊമ്പത് യാഗം ചെയ്തു മുജുകുന്ദ ചക്രവർത്തി പൃഥ്വമഹാരാജാവ് തൊണ്ണൂറ്റിയൊമ്പത് യാഗം ചെയ്തു നൂറാമത്തെ യാഗമാകുമ്പോൾ ഇന്ദ്രൻ വന്ന് അശ്വത്തിനെ മോഷ്ടിച്ചുകൊണ്ട് പോകും അപ്പോ ഋഷികളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇന്ദ്രൻ ഇന്ദ്രപദവി പോയി പോകുമോ എന്ന് പേടിച്ചിട്ട് യാഗാശ്വത്തിനെ മോഷ്ടിച്ചു പോകും അപ്പൊ കൊണ്ടുവന്ന് അവസാനം ഇന്ദ്രനോടുകൂടെ യാഗാശ്വത്തിനെ പിടിച്ചോണ്ടുവരും അപ്പോ ഭൃഗു പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം അശ്വത്തിനോടുകൂടെ ഇന്ദ്രനെ കൂടെ ഹോമിച്ചേക്കാന്ന് അഗ്നിയിലേക്ക് അപ്പൊ നോക്കുമ്പോണ്ട് ഇന്ദ്രന്റെ സ്ഥാനത്ത് ശങ്കചക്ര ഗതാപാണിയായിട്ട് വിഷ്ണു ആണ് നിക്കുന്നത് നാരായണനാണ് നിക്കുന്നത് അപ്പൊ ഇവരൊക്കെ കൂടെ വീണ് നമസ്കരിച്ചു പറഞ്ഞു ഞാൻ തന്നെയാണ് ഇന്ദ്രന്റെ രൂപത്തിൽ വന്നത് എന്തിനാ വന്നത് ഭഗവാനെ നീ എന്തിനാപ്പൊ ഈ യാഗം പൂർത്തിയാക്കണത് എനക്ക് എന്താഗ്രഹമുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എനിക്ക് ഇന്ദ്രപദവി വേണോ എന്താ വേണ്ടത് ചോദിച്ചോളാം അപ്പൊ പൃഥ്വി പറഞ്ഞു ഭഗവാനേ എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല ഒന്നും വേണ്ട വരം വേണോന്ന് ചോദിക്കരുത് എന്നോട് അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ആഗ്രഹമാണ് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും വല്ലതൊക്കെ ഞാൻ ചോദിക്കും എനിക്കൊന്നും വേണ്ട അല്ല എന്നാലും എന്തെങ്കിലും ചോദിക്കൂ അങ്ങനെ ചോദിക്കണമെങ്കിൽ എനിക്ക് ജ്ഞാനികളായിട്ടുള്ള ആത്മജ്ഞാനികളായിട്ടുള്ള ജീവൻ മുക്തന്മാരായിട്ടുള്ള മഹാപുരുഷന്മാര് അവരുടെ സ്വാനുഭൂതിയെ വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കാനായിട്ട് ഒരു പതിനായിരം ചെവി തരൂണ് എ ശരീരത്തിൽ ഓരോ കോശമും ചെവിയായിട്ട് മാറട്ടെ വിധത് സ്വകർണായുധമേഷമേ വരഹ മഹത്തമ അന്തർഹൃദയാത് മുഖ്യോ വിതമേഷമേ വരഹ മഹാപുരുഷന്മാരെ അന്തർഹൃദയത്തിൽ അനുഭവിക്കുന്ന ആത്മാനുഭവത്തിനെ പുറത്തേക്ക് പറയുമ്പോൾ കേൾക്കാനായിട്ട് എനിക്കൊരു പതിനായിരം ചെവി തരൂണ് എന്നുവെച്ചാൽ ഓരോ കോശങ്ങൾ കൊണ്ടും ഞാൻ ശ്രവണം ചെയ്യുമാറാകട്ടെ എവിടെ സത്സംഗം കിട്ടില്ലയോ എവിടെ മഹാപുരുഷ സമ്പർക്കം കിട്ടില്ലയോ അത് സുരേഷലോകോപിനതേവ്യതാം ദേവലോകമായാൽ പോലും എനിക്ക് അവിടെ പോയി വസിക്കണ്ട എനിക്ക് ഭക്തി തരൂ ജ്ഞാനം തരൂ സത്സംഗം തരൂ എന്ന് ചോദിച്ചു ഭഗവാൻ അനുഗ്രഹിച്ചു സനത്കുമാരാദികൾ വന്ന് ബ്രഹ്മോപദേശം ചെയ്തു അപ്പൊ യാഗം ചെയ്യണത് ഫലേച്ഛയില്ലാതാണെങ്കിൽ ഭഗവത് പ്രസാദം കിട്ടും ഫലേച്ച ഉണ്ടെങ്കിലും ആ ഫലം അതോടെ കഴിഞ്ഞു അപ്പൊ അഫലാകാംക്ഷിബര് യോയുജത്തെ ഞാനായിട്ടൊരു യജ്ഞം ചെയ്യണു ഞാനായിട്ടൊന്നു ചെയ്യണു എന്നില്ല വിധി ശാസ്ത്രവിധി വേദം തന്നെ ഇന്നെന്ന യാഗങ്ങള് ഇന്നെന്ന യജ്ഞങ്ങൾ എന്ന് പറഞ്ഞ് ഋഷികള് സമ്പ്രദായമായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്നു ഋഷികള് ഇന്നന്നെ വിധിപ്രകാരം ഇന്നന്നെ യജ്ഞം എന്ന് പറഞ്ഞു വെച്ചിരിക്കണു ആ വിധി ദൃഷ്ടമായിട്ടുള്ളതിനെ മാത്രം നമ്മൾ ചെയ്യണം നമ്മളുടെ ബുദ്ധിയോ നമ്മളുടെ അഭിമാനമോ നമ്മളുടെ സ്വയംകൃതാനർത്ഥങ്ങളൊന്നും അതിലില്ല ഞാനായിട്ടൊന്നും കണ്ടുപിടിക്കണില്ല ഈ ശ്രൗതമാർഗം സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ പുതിയതായിട്ടൊന്നുമില്ല എന്നാണ് അർത്ഥം ആരെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് കുഴപ്പാണെന്നാണ് ഇവിടെ പുതിയത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഏനൈവ യാതാ യഥ്യപാരം തമേവ മാർഗം തപനിർദ്ദിശാമി എത്രയോ പൂർവ്വ ഋഷികൾ നടന്നു പോയിട്ടുണ്ട് ആ വഴി നടക്കണു അത്രയേ ഉള്ളൂ പുതിയത് ചേർത്താൽ ആൾക്കാള് തുടങ്ങും എല്ലാരും പുതിയത് ചേർക്കും അവസാനം അതിനൊരു രൂപമേ ഇല്ലാതായിട്ട് തീരും അതുകൊണ്ട് യജ്ഞം വിധിദൃഷ്ടം എന്ന് ഭഗവാൻ പറഞ്ഞു എന്താണോ വിഹിതമായിട്ടുള്ളത് എന്താണോ ശാസ്ത്രം വിധിച്ചിട്ടുള്ളത് എന്താണോ അതും ചിലതൊക്കെ കലിവർജ്യം എന്നും പറയണ്ട ചില ചില യാഗങ്ങളൊക്കെ കലിയിൽ ചെയ്യാൻ പാടില്ല എന്ന് അതേ ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നു ചില ചില ജീവിതത്തിലുള്ള സമ്പ്രദായങ്ങൾ ചിലതൊക്കെ കലിവർജ്യമാണ് ഈ പിരിയഡിൽ ചെയ്യരുത് പശ്വമേധം രാജസൂയം ഇതുമൊക്കെ കലിവർജ്യം ഈ കാലത്ത് ഈ യാഗങ്ങൾക്ക് ഇതില്ല അപ്പൊ എന്താ രാജസൂയം ചെയ്യണമെങ്കിൽ രാജാവ് വേണം അശ്വമേധം ചെയ്യണമെങ്കിൽ രാജാവ് വേണം അയാൾ അശ്വത്തിനെ വിടണം നാട്ടിലൊക്കെ പിന്നെ പുറകെ നടക്കണമൊക്കെ വേണമല്ലോ പല കാരണങ്ങൾ കൊണ്ടും ഈ ചില യാഗങ്ങളൊക്കെ കലിവർജ്യം എന്ന് പറഞ്ഞു അതുകൊണ്ട് അശ്വമേധ പർവം അശ്വമേധ പ്രശ്നം ചൊല്ലണത് തന്നെ അശ്വമേധയാഗം ചെയ്യണത്തിന്റെ ഫലാണ് എന്ന് വിധിച്ചു വെച്ചു ഇപ്പൊ ബൃഹദാരണ്യ ഉപനിഷത്തില് അശ്വാ ഉഷാവ അശ്വസ്യ മേഢ ണികം ആ പോർഷനിലുള്ള മന്ത്രങ്ങൾ വായിച്ചാൽ തന്നെ അശ്വമേധ ഫലം എന്ന് പറഞ്ഞു ഇതൊക്കെ ആരാ പറഞ്ഞു ഋഷികൾ പറഞ്ഞു സമ്പ്രദായമായിട്ട് പറഞ്ഞു ഇതിൽ നമുക്ക് ആഗ്രഹമോ ഒന്നും സങ്കല്പമോ നമ്മളുടെ ഡിസയറോ ഒന്നും ഇല്ലാത്തത് നമ്മളായിട്ട് ഒന്നും ചെയ്യണില്ലേ വിധി ദൃഷ്ടോയ സയൻസിനെ പോലെ എന്തെങ്കിലും ഒരു ദിവസം കണ്ടുപിടിക്കണ കാര്യമല്ല എല്ലാം കനാദികാലമായി ഇവിടെ റിവീൽഡ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തിനാ ചെയ്യണത് യഷ്ടവ്യമേ വേദി മനസ്സമാധായ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഫലം കിട്ടും ചില രാജാക്കന്മാരൊക്കെ യാഗയജ്ഞം ചെയ്താൽ എനിക്ക് പേര് കിട്ടും പ്രസിദ്ധി കിട്ടും ഞാൻ ഇന്നെ യാഗം ചെയ്തവനാണെന്ന് പറയപ്പെടും അതുകൊണ്ട് ഈ യാഗം ചെയ്തു കഴിഞ്ഞാൽ എനിക്കിനിയും കൂടുതൽ രാജ്യസമൃദ്ധി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് യാഗം ചെയ്യും അങ്ങനെയൊന്നും ചെയ്യരുത് യഷ്ടവ്യമേവേത്തി ഞാൻ ഇത് ചെയ്യണം ഇതെന്റെ ധർമ്മമാണ് ആ യാഗത്തില് മനസ്സമാധായ ദശരഥൻ പറഞ്ഞു യാഗം നടക്കുമ്പോ എല്ലാ ഋഷികളെയും വന്ന് നമസ്കരിച്ചു ഋഷിശൃംഗനാണ് യാഗം നടത്തുന്നത് എല്ലാവരുടെ വന്ന് നമസ്കരിച്ച് പുത്രകാമേഷി നടക്കുമ്പോ പറഞ്ഞു നിങ്ങൾക്കൊക്കെ സമൃദ്ധിയായിട്ട് എന്തൊക്കെ വേണോ ഒക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ മനസ്സ് സമാധാനമായിട്ട് ശാന്തിയോടുകൂടെ ഒരു ദുഷിച്ച സങ്കല്പമുള്ളിൽ വരാതെ ഈ യജ്ഞം അനുഷ്ഠിക്കണം കാരണം നിങ്ങളെന്തെങ്കിലുമൊക്കെ സങ്കല്പഭ്രംശം ഉണ്ടായാൽ എന്തെങ്കിലുമൊക്കെ ദുഷ്യുണ്ടായാൽ വിധിഹീനസ് യജ്ഞസ് സദ്യ കർത്താ വിനശ്യതി എന്നാണ് വിധിഹീനമായ യജ്ഞത്തിന്റെ കർത്താവാണ് ആദ്യമായിട്ട് അതുകൊണ്ട് ബാധിക്കപ്പെടുക നശിക്കുക അതുകൊണ്ട് വിധിഹീനമായിട്ടൊന്നും നടക്കാതെ നിങ്ങൾ നോക്കിക്കോളണം എന്ന് പറഞ്ഞ് ഋഷികളെയൊക്കെ കണ്ട് ദശരഥൻ നമസ്കരിക്കുകയാണ് അപ്പൊ വിധി ദൃഷ്ടോയുജ്യത്തെ യഷ്ടവ്യമേവേ ഇത് ഞാൻ ചെയ്യേണ്ടതാണ് ഞാൻ ചെയ്യണൂ ഐ ആം നോട്ട് ബെഗർ ഒന്നും എനിക്ക് ഇത് വേണം അത് ഒന്നും ആഗ്രഹിക്കുന്നില്ല ഇതെന്റെ ധർമ്മം മനസ്സിനെ സമാധാനമാക്കി വെച്ചുകൊണ്ട് ആധാനം ചെയ്തുകൊണ്ട് ആത്മാവിലിരുത്തിക്കൊണ്ട് അഗ്നിയെ ആധാനം ചെയ്യണതിനു മുമ്പ് മനസ്സിനെ ആധാനം ചെയ്യ സാത്വിക അങ്ങനെയുള്ള യജ്ഞ ഹേ അർജുന ആ യജ്ഞം സാത്വികമായ യജ്ഞമാണ് അടുത്തത് രാജസം താമസമൊക്കെ അത് നമ്മൾ നാടെ കാണുന്നു ഫലാവനമൃത്കിരീടം ഫാള നേത്രാചുഷാദഗ്ധ പഞ്ചു കീടം ശൂലഹതാരതികൂട്ട ശുദ്ധമർന്ദു ചൂടം ഭജേ അംഗേ വിരാജുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോത്തമാ ഓടീകുറംഗം സിദ്ധ സംസേവിദാഘി ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേവേശു ശംഭോ ശംഭോ മഹാദേവദേവ നിിദാനന്ദോകൈരിപം കത്തഗേന്ദ്രാപം കൃത്വാസം ഭജേ ദിവ്യസന്മാർ ബന്ധു ശംഭോ മഹാദേവദി ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവദേവ കപ്പദർപ്പനീശം കാളകോ മതി കുന്ദുശോര്യ പ്രകാശ മാർഗന്ധു ശംഭോ മഹാദേവേവ ശിവ ശംഭോ മഹാദേവേശ ശംഭോ മന്ദാരൂതേരുദാരം മന്ദാഗേന്ദ്രസാരം മഹാശൌര്യൂരം സിന്ദൂരദൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദി ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവദ യ മമാത്മാവസി മേ തച്യം മമ കിഞ്ചിതസ് യഥാഷ്ടം കൂരുമാത്മനം വരാമെ